ചർച്ച ചെയ്തി അദ്വൈദിയുടെ നിർബാധാദ്വീയത പ്രധാനമായും ജീവൻ മുക്തി എന്ന് പറയുന്ന വിഷയമാണ് ഇവിടെ ചർച്ച ജീവൻ മുക്തി അദ്വൈതി പറയുന്നതിന്റെ സാധ്യമാണ് ഷ്ഠാധ്യുകൾ ജീവൻ മുക്തി അംഗീകരിക്കുക അത് സാധിക്കും അതാണ് ജീവൻ മുക്തി അംഗീകരിക്ക സദ്യവും മുക്തി സദ്യമുക്തി തത്വജ്ഞാനം ഉണ്ടാകുക ഇതെല്ലാം നശിക്കുക ആത്മാവ് മാത്രം ശേഷിക്കുക അദ്വൈതികളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ സദ്യ ഇതെല്ലാവരും അംഗീകരിക്കുന്ന തത്വജ്ഞാനം ഉണ്ടാവുക ഇതെല്ലാം നശിക്കുക പിന്നെ മുക്തി എന്താണ് അതിലെ മിക്കവാറും എല്ലാവരും ഒരേ അഭിപ്രായം എന്താണ് കേവലം ആത്മാവ് മാത്രം ശേഷിക്കും അവിടെ തന്നെ ദ്വൈത പ്രപഞ്ചമില്ല ജീവനില്ല ഈശ്വരനില്ല കേവലം ആത്മാവ് മാത്രം ഇക്കാര്യത്തിലുക്തിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വരെ സംശയം ചോദിച്ചിരുന്നു അപ്പോ പല ഉദാഹരണങ്ങളെ കുറിച്ചും പറയും ഇപ്പൊ ഈ ചക്രബ്രഹ്മ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അതനുസരിച്ച് അങ്ങനെ ജീവൻ നോക്കി സമർപ്പിക്കും അതായത് ഒരു ചക്രം കറക്കിന് ശേഷം കറക്കാതിരുന്നാലും അത് കറങ്ങിക്കൊ കറങ്ങിക്കൊണ്ടേയിരിക്കും അതുപോലെ ഇത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം വിമർശിച്ച് അനും പ്രാരബ്ധേഷി പ്രാരബ്ധേഷിക്കുന്നുണ്ട് പ്രപഞ്ചാനുഭവം തുടങ്ങുന്നുണ്ടിരിക്കും അതാണ് ഞങ്ങൾ ഭാഷകൾ പറഞ്ഞു ഇവിടെ വരുന്ന ഒരു പ്രധാനമായ പ്രശ്നം ഇതുവരെ കേട്ടയിൽ നിന്നും മനസ്സിലായി എന്താണ് ഇതിന്റെ പ്രശ്നം അത് ഈ പറയുന്നതിന് വരുന്ന തകരാറല്ല എന്താണ് മനസിലാക്കിയത് എവിടെയാണ് അങ്ങനെ അങ്ങനെ ഭാഷകാരൻ അംഗീകരിക്കുന്ന കുഴപ്പമില്ല അതിന് തകരാറ് വരുന്നത് ഇതിന് സമാധിയെ സ്വീകരിച്ചപ്പോഴാണ് പ്രശ്നമാണ് സമാധി എന്നുള്ള കൊണ്ടുവന്നപ്പോഴാണ് ഈ ജീവിതമൊക്കെ ഒരു വലിയ വിഷയമായി മാറി സമാധി എന്തിനു കൊണ്ടുപോകുന്നുണ്ട് എന്താ സമാധി കൊണ്ടുവരണ്ട അതായത് ജ്ഞാനത്തെ രണ്ടായിട്ട് തിരിച്ച് പരോക്ഷം ജ്ഞാനവും അപരോക്ഷ അവിടെ പോലെയാണ് പ്രശ്നം തുടങ്ങുന്നത് അതിനുശേഷം അതാണ് രാമാനുജാചാര്യെ ഖണ്ഡിക്കുന്നത് അതിനെയാണ് അതുകൂടെ മനസ്സിലാക്കിയിട്ടു അതായത് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് ഒരു അപരോക്ഷ പ്രതീതിയാണ് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന കാര്യങ്ങൾ സത്യമായാലും മിഥ്യായാലും ചെയ്യുന്നത് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാം അപ്പൊ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഈ അനുഭവം ഇതൊക്കെ ഭ്രാന്തിയാണെങ്കിൽ ഇതിലെ നിവർത്തിക്കണമെങ്കിൽ ഇത് നമ്മുടെ കൺമുട്ടത്ത് നിന്ന് മറിഞ്ഞു പോകണമെങ്കിൽ ഒരപരോക്ഷം ഞാനുണ്ടായത് എന്ത് ചെയ്ത് എന്തുകൊണ്ട് നമ്മൾ രജ്ജുവിൽ സർപ്പത്തെ അപ്രത്യക്ഷമായി കാണുകയാണ് അപരോക്ഷമായ ഞാനാണ് അത് മറയണമെങ്കിൽ രജുവിൻ്റെ അപരോക്ഷം ഞാനുണ്ടാവും പരോക്ഷം ഞാനുകൊണ്ട് അത് മറയു ഇനി അപരോക്ഷം ഞാനും അങ്ങനെ ഉണ്ടാവും ഇതിലാദ്യം ഇതിന് ഇതിന് ഈ ചരിത്ര വഴി തിരിച്ചുവിട്ടയാളെ മിശ്രം വാചസ്പതി മിശ്രം പറഞ്ഞു അത്തമസി അഹമ്മദ് അമ്മാസിന്ന് കേട്ടുകഴിഞ്ഞാൽ പരോക്ഷമായ ഞാനേ ഉണ്ടാകും അപരോക്ഷമായി ഞാനും സമാധിയുള്ള അപരോക്ഷമായ ജ്ഞാനത്തിൽ സമാധിയും പ്രപഞ്ചം നിവൃത്തി എന്ന പ്രത്യക്ഷമാണ് അതാണ് സമാധി ഇതാണ് വാജശ്മി മീശ്രന്റെ അഭിപ്രായം അവിടെ മുതലാണ് തിരിച്ചു വന്നു വീണ്ടും പഴയ സംസ്കാരം കൊണ്ട് വീണ്ടും തിരിച്ച് പക്ഷേ സുമാതി പോയി ഇത് നിവർത്തിക്കണം തിരിച്ചു വന്നാല് ആ അതൊക്കെ തിരിച്ചു വന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ട് പക്ഷെ സമാധി പോയി അജ്ഞാനം നശിച്ച് പ്രപഞ്ചവും പോയി പ്രപഞ്ചവും നശിച്ചു നിവൃത്തി എന്ന് ചോദിച്ചാൽ അവിടെ നാശമാണ് സമാധിയിരിക്കുന്നവരെ പോലും പ്രപഞ്ചവും നശിച്ചു അതെങ്ങനെ ഏതെങ്കിലും തോന്നിയാൽ അതൊക്കെ ഒരുപാട് തർക്കങ്ങളിലേക്ക് പോകും തൽക്കാന്നങ്ങനെ മനസ്സിലാക്കണം പിന്നെ എങ്ങനെ തിരിച്ചു വരും അപ്പൊ പറയും തിരിച്ചു വരുന്നത് പ്രാരബ്ധുണ്ട് പ്രാരബ്ധ സംസ്കാരമുള്ളതുകൊണ്ട് അയാൾ തിരിച്ചു വരും ഇതാവുക ഇവിടെയാണ് രാമാനുചാര്യ ചോദ്യം ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഈ പറയുന്ന അപരോക്ഷ ജ്ഞാനം സമാധിയിലെ ഈ അപരോക്ഷ ജ്ഞാനത്തെ അദ്വൈനി ഭ്രാന്തി അപരോക്ഷപരോക്ഷം ഞാൻ പ്രസിദ്ധിച്ചു ബ്രഹ്മം അപരോക്ഷമാണ് അപരോക്ഷ സ്വരൂപമാണ് അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മത്തെ പരോക്ഷമായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയായി കനൂന്നിനെ മറ്റൊന്നായി അതുകൊണ്ട് അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മത്തെ അപരോക്ഷമായി തന്നെ അത് സമാധി എന്റെ സാധിക്കും ഇങ്ങനൊരു പക്ഷം വന്നതുകൊണ്ടാണ് ഈ എല്ലാ തർക്കവികർക്കങ്ങളും ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് അവിടെ എന്താണ് ചക്രഭ്രമണം ചക്രഭ്രത ശരീരം ഇത് സാങ്കിന്മാരുടെ സിദ്ധാന്തമാണ് സാങ്കേതികത്തെക്കുറിച്ച് പറയുന്നു ചക്രഭ്രമം പോലെ ഇങ്ങനെ തുടരുന്നു തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം തത്വജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനവും കഴിഞ്ഞാലും ഇതെല്ലാം വീണ്ടും എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു അത് ചക്ര ചക്രഭ്രമം പോലെ സംസ്കാരം കൊണ്ട് വീണ്ടും നശിച്ചത് അവിദ്യയുടെ കാര്യമാണ് പ്രപഞ്ചം അവിദ്യമായ മിഥ്യ അതിന്റെ കാര്യമായതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യപാദനമായ അവിദ്യ നശിച്ച പ്രപഞ്ചം നശിക്കും എല്ലാം നശിക്കും അപ്പൊ സമാധിയിലെല്ലാം നശിക്കും അവിദ്യം നശിക്കുക കാരണമായ അവിടെ ദിശയും പ്രവചനം നൽകാനും പറ്റും അപ്പൊ പിന്നെ സംസ്കാരം നശിക്കുന്നില്ല എന്ന് സ്വീകരിക്കുന്നു ഇവിടെയാണ് പ്രശ്നം അത് വേറെ ഇവിടെ മൂലാവിദ്യ എന്നാണ് നശിക്കുന്നത് മൂലാവിദ്യാവാദികൾ തന്നെ മൂലാവിദ്യ എന്ന് പറയുന്നത് ശുദ്ധ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന വിദ്യ ജഗത്കാർകമായിരിക്കുന്ന ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന വിദ്യയാണ് മൂലാവിദ്യ ഈ പുസ്തകമാണ് ഈ പുസ്തകം അവച്ഛിന്നമായ ചൈതന്യമാണ് അവിടെ ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിക്കും പുസ്തകങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ആ ചൈതന്യത്തിലിരിക്കുന്ന വിദ്യയാണ് തൂലാവിദ്യ അതാണ് നമ്മുടെ വ്യത്യാസം ഇവിടെ പറയുന്ന മൂലാവിദ്യയുടെ കാര്യമാണ് നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യമായ ജഗത്തും നശിക്കും പക്ഷെ സംസ്കാരം നശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സ്വീകരിക്കും പുതിയൊരു പ്രശ്നമുണ്ട് അതിന് സമാധാനവും പറയാം ദ്വീപ് മറ്റുള്ളൊക്കെ ഇതിനൊക്കെ സമാധാനം പറയും എന്നാലും അതൊരു ശരിയായ സമാധാനമാണ് അവിടെ പറയുന്നു സംസ്കാരം എവിടെയിരിക്കുന്നു എന്നുള്ള ശുദ്ധമായ ബ്രഹ്മത്തിനൊന്നിനും ഇരിക്കാൻ പറ്റില്ല അവിദ്യം നശിച്ചുപോയി അവിടെ ഇരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം പിന്നെ ഈ സംസ്കാരം എവിടെയിരിക്കും സംസാരമില്ലാതെ പിന്നെ പ്രപഞ്ചാനുഭവം ഉണ്ടാകത്തില്ലല്ലോ മസൂരി സെക്സൂർവിന് ആ സംസ്കാരം എറിയുന്നത് ഒരു താർക്കികമായ ഉത്തരങ്ങളൊക്കെയാണ് അത് പ്രാഗഭാവം പോലെയാണ് അതിന് ഉപാദാനത്തിന്റെ ആവശ്യ ആവശ്യമില്ല എങ്ങനെയാണോ മൂലായിദ്യ ശുദ്ധബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നത് അതുപോലെ സംസ്കാരം ഇങ്ങനെയൊക്കെ പറഞ്ഞ സമാനം പറയും അതൊക്കെ നിരവധി പ്രശ്നങ്ങൾ വരും പിന്നെ എന്താണ് അഭ്യപകമാവാതെ സ്വീകരിക്കും അതെന്ന് വെച്ചാൽ തർക്കീയന്മാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ഉപാധാനം നശിച്ചാലും കാര്യം ക്ഷണം നിൽക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടാകുന്നു അവരുടെ സിദ്ധാന്തം അപ്പോ അദ്ദേഹം പറയും നിങ്ങക്ക് ഞങ്ങളും സ്വീകരിക്കും എന്താണ് ഉപാധാനമായ വിദ്യം നശിച്ചാൽ സംസ്കാരം നിൽക്കും അത് ക്ഷണമെന്ന് പറയുന്ന കുറച്ചു കാലം കൂടെ നിൽക്കും അത്രയുണ്ട് പ്രപഞ്ചം അനാധി അനന്ത കുറച്ചു കാലം നിൽക്കും ഉപാധാനം വേണ്ട സംസ്കാരത്തിൽ നിൽക്കുന്ന ഇതിനെ അഭ്യുപകമവാദം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ പക്ഷത്തു നിന്ന് യുക്തമായൊരു മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് പൂർവ്വപക്ഷി ചോദ്യം ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചിട്ടും മറുപടി എത്രോഭയവും സമവദോഷ പരിഹാരവും താദൃശ അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യം നിഗപര്യന വക്തവ്യോ താതൃക്ക് അർത്ഥ വിചാരണയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കും ദോഷമുണ്ടല്ലോ ആ ദോഷം ഞങ്ങൾക്കുണ്ടെന്ന് സംബന്ധിച്ച് ഞങ്ങളുടെ കണ്ടവർക്കും ദോഷമുണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസൊന്നു ഇങ്ങനെയൊക്കെ ചെയ്തു ജീവൻ മുക്തിയെ സാധൂകരിക്കാവുന്ന വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് പൊതുവെ പടരും സ്വീകരിച്ചിരിക്കുന്ന വിദ്യ എന്ന് പറയുന്നത് അവിദ്യ രണ്ടെണ്ണമുണ്ട് അവിദ്യ രണ്ട് ശക്തിയുണ്ട് ആവരണ ശക്തിയും വിക്ഷേപശക്തി അപ്പോ അദ്വൈതത്തിനായാലും ശരി ഇങ്ങനെയുള്ള ദർശനങ്ങൾക്ക് ആയാലും ശരി അന്നത്തെ കാലഘട്ടത്തിൽ അവരെ പറയാൻ പറ്റില്ല ഈ ഭൗതികമായ പദാർത്ഥങ്ങളെ കുറിച്ചോ പ്രാവിഞ്ചികമായ നിയമങ്ങളെക്കുറിച്ചോ ഉള്ള അറിവ് അവർക്ക് അതൊക്കെ കമ്മിയായിരുന്നു പോയിന്റ് സീറോ ഇന്നത്തെ അപേക്ഷവും അതുകൊണ്ട് ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ രൂപീകരിക്കുമ്പം എവിടെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല്പനികമായ പദാർത്ഥങ്ങളെ കാല്പനിക പദാർത്ഥം പിന്നത് അംഗീകരിക്കാൻ പറ്റില്ല അന്ന് അതല്ല വേറെ വഴിയില്ല കാരണം ഈ പ്രപഞ്ചപ്രഭാസങ്ങള് വിശദീകരിക്കാൻ കഴിയും അപ്പൊ അതിനെ വിശദീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു കാൽപ്പനികമായ പദാർത്ഥങ്ങള് സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുമ്പോ അവരിത്രേ നോക്കുന്നുള്ളു എന്താണ് അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നുണ്ടോ അപ്പൊ യുക്തിക്ക് യോജിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല കാരണം യുക്തി എന്ന് പറയുന്നത് കേവല യുക്തികളാണ് ഇപ്പോഴും നമ്മൾ യുക്തികളെ മെനഞ്ഞെടുക്കുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ആ വിവരങ്ങളിൽ നിന്നുകൊണ്ടുള്ള യുക്തിയാണ് അപ്പോ നമ്മൾക്ക് വിവരം കമ്മിയാണെങ്കിൽ അതിനനുസരിച്ച് യുക്തിക്ക് ബലം കൂടും കാരണം നമ്മുടെ വിവരത്തിനനുസരിച്ചുള്ള യുക്തി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് അതിനനുസരിച്ചുള്ള യുക്തി ഉപയോഗിക്കും അപ്പൊ അതിനനുസരിച്ച് യുക്തിക്ക് ബലം കാണും ഇപ്പൊ നമുക്ക് കിട്ടുന്ന പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ യുക്തിയും മാറ്റേണ്ടി വരും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് എന്താ പറഞ്ഞത് ആ അതെല്ലാം ഒരു വളരെ പരിചിതമായ ഈ പറയാ എന്താണ് യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എങ്ങനെ കിട്ടും യാഗം എടുത്തത് ഇഷ്ടമോ കഴിച്ചാലേ സ്വർഗം കിട്ടും അപ്പൊ അവിടെ ഒരു യുക്തി ഉപയോഗിക്കും യുക്തി ഉപയോഗിച്ച് രണ്ടു കാര്യങ്ങൾ ആസ്വാദിക്കുന്നു ഒന്നെന്താണ് യാഗം ചെയ്യുന്നവൻ മരിച്ചാലും മരിക്കാത്ത ഒരാത്മാവ് അതൊരു യുക്തിയാണ് രണ്ടാമത്തെന്താണ് അവനെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന അപ്പൂർവ് ഇത് രണ്ട് യുക്തിയിലൂടെ ശ്രദ്ധിക്കുന്നതാണ് അന്നത് മതി എന്തുകൊണ്ട് അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അത് അത്രയും ന്ന് ആൾക്കാരോട് ഇത് യുക്തിയിലൂടെ ശ്രദ്ധിക്കുന്നതാണ് അർത്ഥാപത്യ പ്രമാണമെന്ന് പറയുന്നത് യുക്തിയാണ് ഒരു തരം അന്നത്തെ പറഞ്ഞത് ധാരാളം പക്ഷെ ഇന്നതുപോലെ ഇന്ന് പുതിയ പുതിയ വിധേ ഇതേ കാര്യങ്ങളെയൊക്കെ തന്നെ അതൊക്കെ സമ്മർദ്ദിക്കണമെങ്കിൽ ആ യുക്തി ഒന്നും കൊണ്ട് പറ്റത്തില്ല ഇന്ന് പുതിയ യുക്തി ഉണ്ട് അവൾ എന്തുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ അറിവ് ഒരുപാട് മാറി പണ്ട് മനുഷ്യന് പ്രപഞ്ചത്ത് പോകും ചിലർക്കും വളരെ പരിമിതമായിരുന്നു ആരും അറിവിതിൽ നിന്നുകൊണ്ട് ഓരോ സിദ്ധാന്തങ്ങളും നിർമ്മിക്കുകയാണ് ഏത് സിദ്ധാന്തവും സിദ്ധാന്തങ്ങളൊക്കെ ഓരോ നിർമ്മിതികളാണ് നമ്മുടെ വീടൊക്കെ കെട്ടിപ്പൊക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യും നമുക്ക് വീട് കെട്ടിപ്പൊക്കണമെങ്കിൽ സിമന്റും കട്ടയും കണ്ടതെല്ലാം വരും അവർ വീട് കെട്ടിപ്പോക്കുന്നത് എന്താണ് ആ വീടെന്നു പറയുന്നവര് കൽപ്പിത വസ്തുവാണ് അതുകൊണ്ട് ആ വീട് കെട്ടുന്ന ഇഷ്ടികയും സിമെന്റ് തന്നെ എന്തായിരിക്കും കൽപ്പിത അതുകൊണ്ട് എന്ത് പറഞ്ഞു ഈ അവിദ്യ എന്ന് പറയുന്നതിന് രണ്ട് ശക്തി ഉണ്ടെന്ന് എന്താണ് ആഭരണശക്തി വിക്ഷേപശക്തി എളുപ്പം പ്രോബ്ലം സോൾവ് പക്ഷെ ഇങ്ങനെ നമ്മള് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോറും എന്താ സംഭവിക്കുന്നത് നമ്മുടെ സിദ്ധാന്തം കൂടുതൽ കൂടുതൽ കൂടുതൽ കോംപ്ലെക്സായി മാറും എന്നാണ് ഇതിന്റെ സന്തോഷം കാരണം ഓരോ വിദ്യ സ്വീകരിച്ചാൽ മതിയായിരുന്നു പക്ഷെ ജീവൻമുക്തി ശരിയാവുന്നില്ല അതുകൊണ്ട് എന്താ ഇപ്പൊ അവിദ്യ രണ്ടല്ല അപ്പോ ഈ സമാധിയിൽ അപരോക്ഷമായി ഞാനോണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും ണം നശിക്കും ബ്രഹ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനം നശിച്ച് വിക്ഷേപശക്തി ഉണ്ടായിട്ടുള്ളത് ആ വിക്ഷേപശക്തി എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തെയൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണിക്കുന്ന ഒരു ശക്തി അത് നശിച്ചില്ല ഇതാണ് അവർ കണ്ടുപിടിച്ച ഒരു വിഷയം ഇതൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് അദ്വൈതമല്ല പിന്നെ നിഷ്ടാദ്വൈതമാണ് നിഷ്ടാദ്വൈതത്തിന്റെ പക്ഷത്ത് വന്നുകൊണ്ട് നമ്മള് അദ്വൈതത്തെ നോക്കുകയാണ് എങ്ങനെയാണ് അദ്വൈതങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൂടെ മനസ്സിലും ഞാനൊരു കാലമാറ്റക്കാരനാണ് ഇന്ന് ബി ജെ പി ആവും നാളെ കോൺഗ്രസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇത് സംഗതി പൊളിറ്റിക്സ് അല്ല തത്വചിന്ത അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ആവർണശക്തി എന്ത് ചെയ്യുന്നു ബ്രഹ്മത്തെ അവർ എന്ത് ചെയ്യുന്നു സമാധിന് ജ്ഞാനം ഉണ്ടാകുമ്പോ ആവർണ്ണം നശിക്കും പക്ഷെ ആ വിദ്യയുടെ മറ്റൊരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടാക്കി കാണുന്നത് വിക്ഷേപ ഇത് നശിക്കില്ല അതുകൊണ്ട് എന്തെയ്യും തത്വജ്ഞാനിക്ക് സമാധിന് ബ്രഹ്മജ്ഞാനം ഉണ്ടായത് ഈ പ്രപഞ്ചമൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടെങ്കിൽ ഇതൊരു പ്രബലമായ അദ്വൈതത്തിന്റെ വാദമാണ് അപ്പോ ചോദിക്കും അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് അപരോക്ഷമായ അവിദ്യ നശിക്കുമ്പോ നശിക്കുമെന്നീകരിക്കുമ്പോൾ എന്തുകൊണ്ട് വിക്ഷേപശക്തി നശിക്കുന്നില്ല അങ്ങനെ പറയാം നശിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് പ്രാരബ്ധ സംസ്കാരത്തിൽ പ്രാരബ്ധ സംസ്കാരം അതിന് പ്രതിബന്ധമാണ് നശിക്കാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് പ്രാരബ്ധ സംസ്കാരം ഒരിടത്തോളം കാലം നിക്ഷേപശക്തി ഉണ്ടാകും വിക്ഷേപശക്തി ഈ പ്രപഞ്ചത്തെങ്ങനെ കാണിച്ചുകൊണ്ടേ പ്രാരബ്ധം നശിക്കുമ്പോഴോ നിക്ഷേപശക്തി നശിക്കും നിക്ഷേപശക്തി നശിക്കുമ്പോൾ സദ്യോമുക്തി പറയുന്നത് അതാണ് പിന്നൊന്നുമില്ല ബ്രഹ്മം മാത്രം അതാണ് ശരിക്കുള്ള മുക്തി അത് പ്രാർത്ഥം നശിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി ഇതാണ് ഒരു സമാധാനം ഇതിനകത്ത് പല പല പല പ്രശ്നങ്ങളും ഈ പ്രാരബ സംസ്കാരം എവിടെയിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിന് മറുപടി പറയുക അതിന് വീണ്ടും പുതിയ പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുക കൂടുതൽ കൂടുതൽ അത് കോംപ്ലെക്സ് ആയിക്കോ എന്താ വെച്ചാൽ ഈ കോംപ്ലക്സ് ആകാന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല അത് കൂടുതൽ കൂടുതൽ കല്പനകളെ സ്വീകരിച്ചിട്ട് കോംപ്ലക്സ് ആകുന്നിടത്താണ് പ്രശ്നം അല്ല അത് കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുകയാണെങ്കിൽ കോംപ്ലക്സ് ആകുന്നൊരു ദോഷമൊന്നുമില്ല സയൻസിന്റെ ഒക്കെ പല തിയറികളും വളരെ കോംപ്ലക്സാണ് നമുക്ക് മനസ്സിലാകാം പക്ഷെ അതെന്ത് ചെയ്യുന്നു അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ ഒന്നും ദോഷമുള്ളൂ ഇതങ്ങനല്ല നിരന്തരം പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിന് സമാധാനത്തിന് വേണ്ടി പുതിയ പുതിയ കൽപ്പിത പദാർത്ഥങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ കണ്ടുപോകും കാരണം ചോദ്യങ്ങൾ താർക്കിക രീതിയിലാണ് ഉത്തരങ്ങളും താർക്കിക ഈ വിക്ഷേവശി നശിക്കുമെന്നുള്ള ചോദ്യം പ്രതിബന്ധകം നശിക്കുന്നുണ്ട് പ്രതിബന്ധകം നശിച്ചാൽ അതുകൊണ്ട് പ്രതിബദ്ധ്യമായിരിക്കുന്ന നശിക്കുമെന്ന് എന്താ നിയമം പറയാൻ അല്ലെങ്കിൽ എന്തെയും അപരോഷം ഞാനുണ്ടായി ആവരണം നശിച്ചു പിന്നെ ശേഷിക്കുന്നു ശുദ്ധ ബ്രഹ്മം വിക്ഷേപിച്ചി ആ ശുദ്ധ ബ്രഹ്മം നശിപ്പി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരും എവിടെയെങ്കിലും ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടയില്ലോ അതുകൊണ്ട് അത് മാത്രമല്ല ഇതിനൊരു ഉദാഹരണം കണ്ടെത്താൻ പ്രയാസം അതായത് ആവരണ ശക്തി നശിക്കുമ്പം വിക്ഷേപശക്തി ശേഷിക്കുന്നു അതിനൊരു ധാരണ നോക്കുക രജ്ജു സർപ്പത്തില് രജ്ജുവിനെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനമാണ് എന്നുവെച്ചാൽ നമ്മൾ രജ്ജുവിനെ അറിയില്ല സർപ്പത്തെ കാണിച്ചു ഒരു അജ്ഞാനമുണ്ട് അതിന് വിക്ഷേപ എന്ന് പറയും അതോടെ നോക്കുവാൻ ആവരണശക്തി ഉണ്ട് നിക്ഷേപശക്തി ആവരണശക്തി കൊണ്ട് രജ്ജുവിനെ മറക്കും വിക്ഷേപശക്തി കൊണ്ട് സർപ്പത്തെ കാണിക്കും അങ്ങേക്കാം പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത് ഇപ്പോഴാണോ രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാകുക അവരോക്ഷ ജ്ഞാനം പ്രത്യക്ഷം ആവരണശക്തി നശിച്ച വിക്ഷേപശക്തി എന്തേ നശിച്ചു അപ്പൊ ആവരണശക്തി നശിക്കുന്നു വിക്ഷേപശക്തി ശേഷിക്കുന്നു പറയൊരുദാഹരണം കാണിക്കാനാണ് വലിയ പ്രയാസവും പഴയ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊരു ബോധമുണ്ടായിരുന്നു ഇല്ലാന്നുള്ള വിദ്യാനന്ദി സ്വാമി ഇതിനൊരു സൂത്രം കണ്ടുപിടിച്ചു ആഭരണശക്തി നശിച്ചാലും വിക്ഷേപശക്തി ശേഷിക്കുന്നതിനുണ്ടാവും അദ്ദേഹം പറഞ്ഞത് അതിനദ്ദേഹം ഒരു പുതിയ സിദ്ധാന്തം ആഭാസത്വസ്യ മിഥ്യത്വം അതായത് പ്രതിബിംബം മിഥ്യാണ് നമ്മൾ കണ്ണാടിയെടുത്തിങ്ങനെ നോക്കാം അതീ കാണുന്ന നമ്മുടെ പ്രതിബിംബം മിഥ്യാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അന്നത്തെ കാലഘട്ടത്തില് സിദ്ധാന്തത്തെ പറയുന്നതിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്തുകൊണ്ട് അവരുടെ പ്രാപഞ്ചികമായ അറിവ് വളരെ കമ്മിയാൽ പ്രതിഭിമ്പ ശരിക്കും എങ്ങനെയാ സംഭവിക്കുന്നത് അതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല പ്രകാശത്തെ പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ പോലെയുള്ള സംഗതികളെ നമുക്ക് ഒരു അറിവില്ലായിരുന്നു കണ്ണാടി നോക്കുമ്പോൾ എന്താണോ അത് കണ്ണാടി എല്ലാം വലിയ അപൂർവം അല്ല കാണും കണ്ണാടി നോക്കുമ്പോൾ പ്രതികരിക്കും അവരന്താ വിചാരിച്ചെ കാണുന്നത് ഒരു നിഥ്യയായ കാര്യമാണ് നിത്യ എന്ന് വെച്ചാൽ നമ്മൾ പ്രചുമാണ് അങ്ങനെ അങ്ങനെ ധരിച്ചു പക്ഷെ ഇമേജ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഭൗതികമായ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല അത് മിഥ്യ എന്ന് പറയുന്നത് അതൊരു ഭൗതിക പ്രതിഭാസം തന്നെ പക്ഷെ എന്തു ചെയ്തു ഇവർക്ക് ഇങ്ങനൊരു ബ്രാഹ്മുണ്ടായി പഴയ ആൾക്കാർ മിഥ്യയാണ് അപ്പൊ അവിടെ എന്താണ് വിദ്യാലയസ്വാമിന്റെ സ്ഥലത്താണ് വിദ്യാലയസ്വാമി പറയുന്നത് നമ്മുടെ കണ്ണാടി ഉണ്ടോ ദർപ്പണം അവിടെ ദർപ്പണാവഛന്ന ചൈതന്യമാണ് ബ്രഹ്മചര്യം എന്നുവെച്ചാൽ ദർപ്പണ പ്രദേശത്തുള്ള ചൈതന്യം മനസ്സിലാവും അവച്ഛെന്ന വീട്ടിൽ നമ്മൾ ആ ചൈതന്യത്തെ ആശ്രിച്ച ഒരു അവിദ്യയാണ് ആ വിദ്യയാണ് തൂലാവിദ്യ ആ അവിദ്യയാണ് അവിടെ കാണുന്ന പ്രതിബിംബത്തിന്റെ ഉപാധാനം മനസ്സിലായത് കണ്ണാടിയിൽ നിന്ന് എങ്ങനെ പ്രതിബിംബം ഉണ്ടാകുന്നു അത് അവിടെയുള്ള അവിദ്യയുടെ പരിണാമമാണെന്നാണ് നിങ്ങളിന്ന് വയസ്സുകൂടി പഠിക്കുന്ന ഏതെങ്കിലും കൂട്ടി നിങ്ങളത് പറയുകയാണ് കണ്ണാടി കാണുന്ന പ്രതിബിംബം അവിടെയുള്ള ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ചൂതാവിദ്യയുടെ പരിണാമമാണെന്ന് പറഞ്ഞാൽ പിള്ളാരങ്ങുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മതപ്രഭാഷണം നടത്തുമ്പോൾ പിള്ളേരുടെ അടുത്ത് പറയരുത് മനസ്സിലായി അത് ബോധമില്ലാത്ത മുതിർന്ന ആൾക്കാർ കൂടെ പറയുമോ പിള്ളേരുടെ പറഞ്ഞു കാരണം അവരുടെ ചോദ്യങ്ങളുണ്ട് എവിടെയാണ് മൂലാവിൽ അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത് ഒരു കൽപ്പിതമായ പദാർത്ഥത്തെ സ്വീകരിക്കേണ്ടത് അതിന് എന്തെങ്കിലും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കാതെ അന്ന് ചിന്തിക്കാൻ വരെ വഴിയൊന്നുമില്ല ഭൗതിക വിവരങ്ങളുറമാണ് വിവരത്തിൽ വെച്ച് എത്തി പ്രയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാകും പ്രതിബിംബം എന്ന് പറയുന്നത് അവിദ്യയുടെ പരിണാമമാണ് ഇത്രയും വന്നു കഴിഞ്ഞ പിന്നെ ബാക്കി എന്താ ശരിയാവും ഇപ്പൊ നമ്മള് എന്തെയ്യുന്നു കണ്ണാടി നോക്കുന്നു പ്രതിബിംബം കാണുന്നു ഇത് എന്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാകുന്നു ആ ഇത് കണ്ണാടിയിൽ കാണുന്ന മിഥ്യാപ്രതിബിംബം എന്നറിയുന്നു മിക്ക അധിഷ്ഠാനം ഞാനുണ്ടായിരുന്നു കണ്ണാടിയെക്കുറിച്ചുള്ള ഞാനോണ്ടായി അല്ലെങ്കിൽ മുഖത്തെക്കുറിച്ചുള്ള ഞാനും ഉണ്ടായി ഞാനുണ്ടായില്ല ഞാൻ എന്ത് ചെയ്യും അവിടെയുള്ള ആ വിദ്യ നശിക്കും ആഭരണം ചെയ്തിരുന്ന ആ വിദ്യ നശിക്കും പക്ഷെ പ്രതിബിംബം എന്തുകൊണ്ട് ആ മൂലാവിദ്യയിൽ രണ്ട് ശക്തി ഉണ്ടൊന്ന് ആവരണശക്തിയും വിക്ഷേപശക്തി പ്രതി ഇമ്പെന്തുകൊണ്ട് നശിക്കുന്നില്ല അവിടത്തെ ആവരണശക്തി നശിച്ചും നിക്ഷേപശക്തി നശിക്കുന്നില്ല ചുരുങ്ങി പറഞ്ഞതാണ് അപ്പോൾ അതിനുദാഹരണമായേ ആവരണശക്തി നശിച്ചാലും വിക്ഷേപശക്തി നശിക്കുന്നില്ല എന്നുദാഹരണമാണ് കണ്ണാടിയിലെ പ്രതിവി അതിനുവേണ്ടിയിട്ട് എന്തൊക്കെ സ്വീകരിക്കേണ്ടി വരും കണ്ണാടിയിലെ പ്രതിബിംബത്തെ അനോപചനീയമായി സ്വീകരിക്കുന്നു അവിടെ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന തൂലാവിദ്യ സ്വീകരിക്കുന്നു അതിൻ്റെ പരിണാമമാണ് പ്രതിഭൂമി സ്വീകരിക്കണം കണ്ണാടിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുമ്പം ആവരണം അവിദ്യ നശിച്ചെന്ന് സ്വീകരിക്കുന്നു നിക്ഷേപ അവിദ്യ നശിക്കുന്നില്ല എന്ന് സ്വീകരിക്കണം ഇങ്ങനെ വളരെ കോംപ്ലക്സായിരുന്നു ഇന്ന് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന അദ്വീതമുണ്ട് അതിൽ പ്രധാനമായതാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പുതിയ തലമുറയ്ക്ക് പറയാൻ വരുന്ന നിലച്ചവരാണ് പറയുന്നത് നിലച്ചവരാണ് അത് ഏതോ ലോകത്തിൽ ആ ജീവിക്കും അതുകൊണ്ട് ഇത് ഓടിക്കൊണ്ടേയിരിക്കുകയും കുറച്ചു കാലങ്ങളേക്കോട്ട് അതേ കൂടെ ഓടും അപ്പൊ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് എന്താണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആവരുടെ ശരീരത്തിൽ ശേഷിച്ച് വീണ്ടും പ്രകഞ്ച് അത് അത് പ്രവിധ സംസ്കാരം കൊടുക്കുകയും ഞാതൊരു പ്രശ്നമാണ് അവിടെയാണ് പറയുന്നത് എന്താണ് നേശാ സുഖാചാരം സുബീറ്റൽ ഇതിനെ സ്വീകരിക്കുന്നു അവിദ്യാലേശം അവിദ്യ ഗന്ധം അവിദ്യഛായ അവിദ്യ സംസ്കാരങ്ങളെ പല പേരിൽ പറയും ഒന്നും അവിദ്യാലേശം എന്ന് വെച്ചാൽ അവിദ്യയുടെ ദേശ ഇരിക്കുന്നുള്ളതല്ല കാരണം അവിദ്യ എന്ന് പറയുന്നത് അനാദിയാണ് അതിന് അവയവങ്ങളില്ല അതുകൊണ്ട് ദേശമായിട്ടിരിക്കത്തില്ല അങ്ങനെ അത് നിൽക്കത്തില്ല ആവിദ്യം അപ്പോൾ അവിദ്യദേശം എന്ന് പറയുന്നത് പല വ്യഖ്യാനും പറയുന്നുണ്ട് എന്നാലും ശിശു കാചാര്യനും മത്സൂദ സരസ്വതി ഏകദീശി യോജിക്കുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കുന്നു പല വേഗങ്ങളുണ്ട് രണ്ടുപേരും സമയം എന്താണ് അവിദ്യക്ക് പല ആകാരങ്ങളാണ് ആകാരം വെച്ച സ്വരൂപം അത് ഒരു ആകാരം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ച സത്യമാണെന്ന് നമ്മൾ തോന്നിയിട്ടിരിക്കുന്നതാണ് ഈ അപരോക്ഷം ഞാനുണ്ടാകുമ്പോൾ ആ ആകാരം നശിച്ചു ആ രൂപം നശിച്ചുമായിട്ട് മറ്റൊന്നെന്താണ് അർത്ഥക്രിയാകാര്യത്തുമുള്ള പദാർത്ഥങ്ങളെ സെറ്റിൽ ചെയ്യുക അപ്പോ അതും നശിക്കും എന്ന് വെച്ചാൽ ഇപ്പോ അർത്ഥക്രിയ കാര്യത്തിൽ വെച്ചാൽ പാത്രത്തിൽ ഒരു അർത്ഥക്രിയാകാര്യത്തുമുണ്ട് വെള്ളം കൊണ്ടുവരിക പാചകം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള അർത്ഥക്രിയാകാര്യത്തിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ ഉണ്ടാക്കുന്ന ഒരു രൂപമുണ്ട് അതും നശിക്കും അപ്പോ ഈ സമാധിയിൽ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഒരു രൂപം മാത്രം നശിക്കുകയില്ല വിദ്യയുടെ അതെന്താണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രതീതമാക്കുന്നു പ്രപഞ്ച പ്രതീതി അല്ലെങ്കിൽ പ്രപഞ്ചാഭാസ് പ്രപഞ്ചം ഇങ്ങനെ തോന്നുന്നു പ്രപഞ്ചം ഇങ്ങനെ തോന്നും പ്രപഞ്ചം എന്ന് നമ്മുടെ ശരീരം ഉൾപ്പെടെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേ അത് സത്യത്തെ ബുദ്ധിപരത്തില്ല എന്നുകൊണ്ട് ആ വിദ്യം നശിച്ചു അത് തന്നെ ബാധിക്കില്ല എന്നുകൊണ്ട് അതും നശിച്ചു ഇതേ കേവലമെ ഇങ്ങനെ സിനിമ പോലെയും പറയാൻ പറ്റില്ല കാരണം സിനിമ കണ്ടാൽ നമ്മളെ ബാധിക്കും ഇതങ്ങനെയില്ല അതുകൊണ്ടാണ് എന്താണ് ഛായാക്കലൊക്കെ പറയും ഒരു നെല്ല് പോലെ എങ്ങനെ തോന്നിക്കൊണ്ടേ അതുമാത്രം നീക്കും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു തത്വജ്ഞാനം ഉണ്ടായാലും ഈ ഒരു രൂപം നിൽക്കുന്നതുകൊണ്ട് ഇത് ആദ്യം കൊണ്ടുവരുന്നത് ശിശു കാചാര്യനാണ് ഇത് പിന്നെ മഹസൂ സിസ്വതി അദ്വന്റെ സിദ്ധിയിലാണ് മഹസൂരൻ സത്സേ സ്വീകരിച്ചു നവിദ്യാലേശവാദം എന്ന് എന്ന് വിചാരിക്കും ദേശ അർത്ഥം ഇതിങ്ങനെ പ്രതീതമായി കൊണ്ടേ അപ്പോ മറ്റൊക്കെ നശിക്കുന്നേപ്പോ സമാന്യം അപ്രോക്ഷം ഞാൻ ഇതെന്തുകൊണ്ട് നശിച്ചില്ല അവയുടെ ഒരു ബുദ്ധിതരമായ പ്രശ്നമാണ് അപരോക്ഷം ഞാനെന്ന് പറയുന്നത് ഈ അവിജ്ഞയെ നശിപ്പിക്കാനാണ് എന്റെ രണ്ട് രൂപം നശിച്ചൊന്ന് നശിച്ചു തിരുവന്തൊന്ന് നശിക്കുന്നത് ആ സമാധിയാവുമ്പോ ഈ ഒരു അവിജ്ഞയുടെ രൂപമുണ്ടല്ലോ ഇത് തിരോധാനം ചെയ്തു ഞാൻ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എവിടെയും കൂടിയില്ല അപരോക്ഷം ഞാനൊക്കെ ഇതിന് മുമ്പിൽ ഇത് വരുന്നില്ല ഇതിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു സമാധിയിൽ ഇങ്ങോട്ട് ഉണർന്നു വരുമ്പോൾ വരുന്നു അതാ ഒളിഞ്ഞിരുന്നടത്തിൽ പുറത്തു വരുന്നു വീണ്ടും പ്രപഞ്ചീൽ കണ്ടുകൊണ്ടേ ഇവിടെ ഇതിങ്ങനെ നിലനിൽക്കുന്നതിന് സഹായിക്കുന്ന ഈ പ്രാരംഭ സംസ്കാരം അത് തന്നെയാണ് ഇങ്ങനെ പ്രാരബ്ധ സംസ്കാരം നശിക്കുമ്പോ എന്തെയ്യുന്നു ഈ പ്രതീതിക്ക് കാരണമായിരിക്കുന്ന അവിദ്യയുടെ രൂപം അത നശിപ്പ സദ്യ ആ ഈ മൊത്തം ഇങ്ങനെ തണുന്നതിന് അവിദ്യയുടെ ഒരു രൂപമാണ് നശിക്കാറ് അതിങ്ങനെ നിലനിർത്തുന്നതിന് കാരണം പ്രാരബ്ധം മരണം വരെ മരണം എന്ന് പറയില്ല അവര് മരണമില്ല എപ്പോഴാണോ പ്രാരബ്ധ നശിക്കുന്നത് അപ്പോ എന്തു ചെയ്യുന്നു ഇത് നശിച്ചു ഈ പ്രതീതി നശിച്ചു പ്രതി നശിക്കുന്നത് അതുകൊണ്ടാണ് അത് പറയുന്നത് ഞങ്ങളൊന്നും ബാധിക്കുന്നില്ല കാരണം ഇത് പ്രതിയാണ് അവർ തോന്നുന്നതാണ് അപ്പൊ ഈ നമുക്ക് നമ്മുടെ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ ഇത് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇതിങ്ങനെ ഒരു ആശയം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ അദ്വൈതുകളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏ മായ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു രൂപം അവിദ്യയെന്നോ മായയെന്നോ വിളിക്കുന്ന കാര്യമില്ല എന്താ ശേഷിക്കുന്ന ഈ ഇങ്ങനെ ഒരു പ്രതീതി ഒരു ഛായത് ഈ അനാധ്യായ നമ്മുടെ മായയില് മൂന്ന് രൂപങ്ങളുമുണ്ട് ഇപ്പോഴും നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ പ്രതീതി ഇപ്പോഴും നമുക്ക് സമാധിയില്ല പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട് പക്ഷെ ഇവിടെ എന്താ കൂടുതലുള്ളത് ഇതിന്റെ സത്യത്വ ബുദ്ധിയുണ്ട് മനസ്സിലായില്ല അപ്പൊ ഈ പ്രതീതിയിൽ നിന്ന് ആ സത്യത്തെ ബുദ്ധിയെ നമ്മളൊന്ന് മൈനസ് ചെയ്തില്ല അതാണ് ജീവൻ മുക്തന്റെ മനസ്സിലായ അപ്പോ ഇതിനു വേണ്ടി ഇപ്പൊ എന്ത് ചെയ്യുന്നു ഏകമായി ഇരിക്കുന്ന അവിദ്യ മൂന്നാക്കി മൂന്ന് രൂപങ്ങളുള്ളതാക്കി എന്നാണ് പറയുന്നത് കാൽപ്പനികമായ പദാർത്ഥങ്ങളെ മാനസികമായി സൃഷ്ടിച്ചുകൊണ്ട് യുക്തികൾ മെലഞ്ഞെടുക്കുകയും പിന്നെ അതിനൊക്കെ എന്താണ് അതുപോലെ തന്നെ സമാനം കണ്ടെത്തുകയും ചെയ്യുക എന്നിട്ട് സിദ്ധാന്ത രക്ഷന്നയ സിദ്ധാന്ത രക്ഷാന്ന് പറഞ്ഞതിനോട് പുസ്തകം തന്നെ സിദ്ധാന്തത്തെ രക്ഷിക്കുകയാണ് ബാധ്യതയാണ് സിദ്ധാന്തത്തിലൊക്കെ ഇതല്ല ഇനിയുണ്ട് ഇനിയും ഈ ഇതിനെങ്ങനെ നിലനിർത്തുന്നതിന് പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ ഇതിങ്ങനെ പരിമാരാകുന്നത് കണ്ടുകൊണ്ട് അദ്വൈതകളുടെ വളരെ പ്രാമാണികനായ ഒരു ആചാര്യനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സർവജ്ഞ മുങ്ങനി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷെ അഭിപ്രായത്തിന് വിലയൊന്നും ഉണ്ടായില്ല അദ്ദേഹം പിന്നെ മറ്റുള്ളവർ പറയുന്നതിനൊക്കെ സ്വീകരിച്ചു അല്ലാതെ വിവർത്തിയില്ല ഭൂരിപക്ഷ അഭിപ്രായത്തെ സ്വീകരിക്കണമെന്നാണ് എവിടെയും പൊതുവെ ഈ തത്വചിന്തയിൽ പോലും രാഷ്ട്രീയത്തിൽ എവിടെയായാലും നമ്മൾ ഭൂരിപക്ഷത്തിന്റെ കൂടെ വന്നിട്ട് ഒരു പുറത്താക്കിട്ടുള്ളത് അപ്പൊ സർവജ്ഞാമോ ബലി എന്ന് പറയുന്നത് ഒമ്പതാം നൂറ്റാണ്ട് ജീവിച്ചതിന് ആണ് വളരെ പ്രാചീന ശങ്കരാരൂപ തൊട്ട് ശേഷം ജീവിച്ചതി ഇദ്ദേഹം വളരെ പ്രൗഢമായൊരു കാര്യം എഴുതിയിട്ടുണ്ട് സംക്ഷേമ ശൈലി ഇതിന്റെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു ഇദ്ദേഹം പറഞ്ഞ ഈ ജീവൻ മുക്തി എന്ന് പറയുന്നത് ഒരു അർത്ഥവാദം അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല സത്യം അദ്ദേഹം തോന്നുവാൻ അത് അതിനുള്ള യാതൊരു സാധ്യതയും അങ്ങനൊന്നും സംഭവിക്കുന്നു കാരണം ഇതിൽ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ വരും അതിന്റെ എന്താ സംഭവിക്കുന്നത് തത്വജ്ഞാനം ഉണ്ടാകുന്നു അജ്ഞാനം നശിക്കുന്നു പ്രപഞ്ചവും തീറുന്നു അങ്ങനെ ഒരു മുക്തിയുണ്ട് സദ്യവും മുക്തി അല്ലാതെ ജീവൻ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ ഇദ്ദേഹത്തിന്റെ ചോട് പിടിച്ചിട്ടാണ് തൽക്കാലത്ത് പ്രകാശാത്മൻ എന്ന് പറയുന്നാണ് സിദ്ധാന്ത മുക്താവലി എന്ന് പറയുന്ന ഗ്രന്ഥം അതിനാണ് ഈ ഏകജീവ നമ്മൾ ചർച്ച ചെയ്ത് അവിടെയും ജീവമുക്തി അംഗീകരിക്കുന്നു അങ്ങനെ ജലാചാര്യന്മാരുമുണ്ട് അദ്ദേഹത്തിൽ തന്നെ അല്ലാതെ രാമാനുജനു മാത്രമല്ല ഇതിനെ ഭണ്ഡിക്കുന്നു പിന്നെ ഈ ആചാര്യന്മാരെല്ലാം ഈ ജീവൻ മുക്തിയെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കുറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും ഉള്ള ഒരു മറുപടി ഇതാണെന്താണ് ജീവൻമുക്തി എങ്ങനെ സമർപ്പിക്കാം എല്ലാവരും യോജിക്കും അക്കാര്യത്തോട് ഈ സർവജ്ഞാൻ മമ്മിനെ യോജിച്ചു സ്വാനുഭവിച്ചു ജീവൻമുക്തി എന്ന് പറയുന്നത് സ്വാനുഭൂതി സ്വാനുഭൂതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണോ കാരണം യുക്തിയിലൂടെ വിശദീകരണങ്ങളിലൂടെ ജീവൻമുക്തി എന്താണെന്ന് ചോദിക്കുന്ന ഒരാളോട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തു പറഞ്ഞാലും അവർ യുക്തിഭംഗം വരും അപ്പോൾ എന്നിട്ടെന്താ പറയുന്നത് അത് എന്റെ അനുഭൂതിയാണ് പിന്നെ ആർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല അപ്പോ എന്താണ് സ്വാനുഭൂതി സിദ്ധമാണ് എന്ന് പറയുമ്പോൾ പിന്നെ ചർച്ചയെ അവിടെ അവസാനിപ്പിക്കുക പിന്നെ ഇതിനോട് ചർച്ച ചെയ്യാൻ പറ്റിയില്ല എന്ന് ഇത് ഈ ചർച്ചയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ അത് ഇഷ്ടാ സമ്മതിക്കും ഇല്ല അവർ പറയുന്ന ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത നിങ്ങൾ ഈ സ്വാനുഭൂതി സിദ്ധാന്തത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിക്കും ഉത്തരം പറഞ്ഞിട്ട് ഞങ്ങൾ പറയുക ഞങ്ങളെ അതിനുഭോദിയാണ് ഞങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്നിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വാനുഭൂതിയാണ് ഇത് ശരിയാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ആകാശ വിഷമം ഉണ്ടോ ഉണ്ട് അങ്ങനെ പറ്റില്ല പക്ഷെ സ്വാനംഭൂതിയാണ് എന്ത് ചെയ്യും ആകാശകുസുമോ എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല പക്ഷേ ഉണ്ടോ ഉണ്ടെന്നോണ്ട് സ്വാനുഭൂതികൾ എന്ന് പറഞ്ഞാൽ സ്വാനുഭൂതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രമാണമായി സ്വീകരിക്കാൻ പറ്റും പ്രത്യക്ഷം അനുമാനവുമാന ശബ്ദം അർഭാവത്തി എന്ന ഇത്രയും പ്രമാണങ്ങൾ അനുഭൂതിയെ പ്രമാണമായി പരിഗണിക്കുകയായിരുന്നു അനുഭൂതി എന്ന് വേണമെങ്കിൽ എന്തു പറയാം പ്രമാന്ന് പറയും പ്രമാന്ന് പറഞ്ഞാൽ ചോദിക്കാം അതിന്റെ പ്രമാണങ്ങൾ ഏത് പ്രമാണം കൊണ്ടാണെന്ന് നമുക്ക് അത് ശ്രദ്ധിച്ചത് എന്ന് പറയും പ്രമാണം ഇന്നതാണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ശുദ്ധി വേഖാനികം പോയിക്കഴിഞ്ഞാൽ ഒരിടത്ത് എത്ത മറ്റു കാര്യങ്ങളൊക്കെ സമാധാനം പറയുന്നത് ഉദ്ദേവിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഇതുപോലെ പല പ്രശ്നങ്ങളും ഈ സ്വാനുഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെതിരായി ഉയർത്തുന്ന ഒരു വാദം പ്രധാനമാണ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഭൂതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇൻഡിവിഷൻ വിഭ്രമാക്കുക ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ വിഭ്രമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്തുകൊണ്ട് അനുഭൂതി വിഭ്രാന്തിയാകുന്നതിനുള്ള സാധ്യതയാണ് കൂടുതൽ എന്തുകൊണ്ടാണ് അതായത് യഥാർത്ഥമായ അനുഭവം എന്ന് പറയുമ്പോൾ കയറ് അല്ലേ കയറെന്ന് പറയുന്ന യഥാർത്ഥ അനുഭവം സർപ്പം എന്ന് പറയുന്നതോ അപൂർവത്തിന്റെ അപൂർവം ഉണ്ടാകുന്നതും വളരെ യാദർച്ഛ്യമായി സംഭവിക്കുന്നതുമായ ഒരു കാര്യമാണ് സർപ്പം സർപ്പജാണ് അത് ഭ്രാന്തിയാണ് അപൂർവത്തിന്റെ അപൂർവം യാദർച്ഛ്യവുമായി സംഭവിക്കുന്ന പറഞ്ഞാൽ ഭ്രാന്തിയാണ് അത്തരം ഭ്രാന്തികൾ ആർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും അപ്പൊ അനുഭൂതികൾക്ക് പ്രമ പ്രമാണമെല്ലാം പ്രമേയമായി ശരി സർവ്വസാധാരണ അല്ലെങ്കിൽ സർവ്വസാധാരണമാകുന്നതിനുള്ള ഒരു സാധ്യതയിൽ ഉണ്ടാവും അവളും നിർബന്ധമില്ല എന്നുള്ള സാധ്യത എനിക്ക് ഇവിടെ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ എനിക്ക് പുസ്തകത്തിന്റെ ജ്ഞാനമാണ് അപ്പോ പ്രത്യക്ഷ പ്രമാണം പ്രമ എന്റെ അനുഭവമാണ് അനുഭൂതിയാണ് ശരിയാവും യഥാർത്ഥ ജ്ഞാനമാണ് ഇതിനിടെ യഥാർത്ഥ ജ്ഞാനം പക്ഷെ ഈ ഒരു ജ്ഞാനം ആർക്കും ഉണ്ടാവും എനിക്ക് മാത്രമല്ല ആരും കൂടെ നോക്കിയാലും പുസ്തകം ഞാനുണ്ടാവും അത് യഥാർത്ഥ അനുഭവമാണ് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എല്ലാ പ്രത്യാസമില്ല എനിക്കിപ്പോ അമേരിക്കയെ കുറിച്ചുള്ള ഞാനില്ല ഹിമാലയത്തെക്കുറിച്ചുള്ള ഞാനില്ല പക്ഷെ അത് നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് അറിവുള്ള ഒരുപാട് പേരുണ്ട് എനിക്കില്ലെന്നേ ഉള്ളൂ യഥാർത്ഥമായി അറിയുന്ന ഒരുപാട് പേരുണ്ട് എനിക്കിപ്പോ ഇല്ല അതുകൊണ്ട് ഹിമാലയം ഞാനും ഭ്രാന്തി എന്ന് പക്ഷെ നിങ്ങളീ പറയുന്ന അനുഭൂതി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് അത് സർവസാധാരണമായ ഒരു അനുഭവം അല്ലാത്തതുകൊണ്ടും നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിയാത്തതു കൊണ്ടും അതിന് ഒരു തരത്തിലുള്ള യുക്തിയും അതൊരു ഭ്രാന്തി ആകാൻ സാധ്യത കാരണം ഇപ്പം എനിക്ക് പുസ്തകം ഞാനും ഉണ്ടാകും ഈ ഞാനെങ്ങനെ ഉണ്ടാകുന്നു ഇതെല്ലാം എനിക്ക് വിശദീകരിക്കാൻ പറ്റും ഞാൻ വിശദീകരിക്കുന്നവർക്ക് മനസിലാക്കാനും പറ്റും ഇതൊക്കെ എന്താണ് വിശദീകരിക്കുന്നതിന് യോഗ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും ഭ്രമമാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇനി ഫ്രഞ്ച് സർപ്പഞ്ചാണ് അത് ഭ്രമമാണ് അതും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ പറ്റും വിശദീകരിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഈ അനുഭവം ജീവൻ മുക്തി അനുഭവം ഒരിക്കലും വിശദീകരിച്ചു ബോധ്യപ്പെടുത്താൻ പറ്റും അതുകൊണ്ടത് നിങ്ങളൊരു അനുഭൂതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭ്രാന്തി എന്നാണ് ഇഷ്ടാത് ഒരിക്കലും അത് യഥാർത്ഥനകാൻ പറ്റും അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സിദ്ധാന്തപരമായി നിങ്ങൾ സദ്യമുക്തിയെ സ്വീകരിച്ചുകൊണ്ട് ജീവൻ മുക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംക്ഷേപശാലിക സർവാജ്ഞാത്മ വിജയ പോലെയുള്ളവർ പറയുന്നത് എന്താണോ ശ്രവണം മനനം എന്റെ വ്യത്യാസം ഇത്തരം സാധനങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടിട്ടാണ് ജീവൻ മുക്തി കുറിച്ച് പറയുന്നുള്ള ശാസ്ത്രങ്ങളൊക്കെ ഗീതഗീത സ്ഥിതത്വത്തിന് ലക്ഷണമുണ്ട് പുണാതീത ലക്ഷണമുണ്ട് ഇതെല്ലാം അല്ല നിങ്ങളിൽ പറയുന്ന തരത്തിലുള്ള ഒരു ജീവൻ മുക്തിയെ കുറിച്ച് അല്ല പറയുന്നത് വേദത്തിൽ പറയുന്നുണ്ട് അതെല്ലാം സ്ഥിതിപരമായി പറയുന്നു അതൊക്കെ സാധകന്റെ ഉയർന്ന അവസ്ഥകളാണ് അത് നിഷ്കാത്വീകരിക്കണം പുണാതീതം സ്ഥിതപ്രജ്ഞ എല്ലാം അംഗീകരിക്കുന്നു അവര് പറയുന്ന എന്താണ് ഇതെല്ലാം ആത്മീയ സാധന ചെയ്യുന്നു എല്ലാം ഉയർന്നു വരുന്ന അവസ്ഥകളാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ജീവൻ മുക്തിയുടെ അടയാളം അതിപ്പോ ഞാൻ പറയുക എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഒരു പ്രതിനിധിയായിട്ടോ ജ്ഞാനമാണ് എല്ലാം എന്താണ് എന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെന്തോ ഇങ്ങനെ പുറത്തേക്ക് ചോദിക്കും എല്ലാ ജ്ഞാനമയമാണ് അതുകൊണ്ട് എന്താണ് ഞാൻ എല്ലാത്തിനെന്നും മുക്തനാണ് അപ്പൊ നിങ്ങള് എല്ലാത്തിനെന്നും മുഗ്ധനാണെന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്റ്റേജ് ആയി ഓക്കെ ഞങ്ങളത് വിട്ടും പക്ഷെ ഇങ്ങനെ എന്താണ് ഫോണ്ടേനിയസായിട്ട് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ജ്ഞാനമാണ് ജ്ഞാനമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഞങ്ങൾക്ക് വട്ടുപിടിച്ചാണ് നിരന്തരമായി എന്തെയോ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച അവസാനം എന്തേയോ പെരി ദിവസമായി എന്നിട്ടാണ് പറയുന്നത് എന്ത് എന്തോ ഞാനൊരു പ്രത്യേക അനുഭൂതിയിലാണ് ഇഷ്ടാൾ പറയുന്ന ഭാഷയെല്ലാം ഞാൻ പറഞ്ഞത് കുറച്ച് ചമത്കാരത്തോ കൂടി ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവും അതും വിഭ്രാന്തി അതുകൊണ്ടാണ് സർവജ്ഞാമന് പറഞ്ഞതിന്റെ ഇതൊരു ദുർത്തി എന്ന് പറയുന്നത് ഒരു അർത്ഥവാദം മാത്രമാണ് ഇതിനെയൊക്കെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞത് രാമാനുജാത പറഞ്ഞു സ്ഥിരപ്രജലക്ഷ്മണേ അതൊരാകാശമല്ല ആകാശ വിസമുണ്ടെന്ന് പറയും നിങ്ങൾ വാശി പിടിക്കും എന്താ നിങ്ങൾ വശി പിടിക്കാൻ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനുഭവമായിരുന്നു നിങ്ങൾ അങ്ങടേക്കുള്ള പുഷ്പം ഉള്ളിൽ ഒരു ചെടിയിലുള്ള പുഷ്പ ആകാശപുഷ്പത്തെ സാക്ഷാത്കരിച്ചിട്ടില്ല അങ്ങനെ വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇഷ്ടാതീതി പറയുന്നതാണ് ഞങ്ങൾ ജ്യാതീതിയെന്നും ഭാഗ്യ പൊതുജനങ്ങൾക്കും അതില്ലാത്തതുകൊണ്ട് അതിനംഗീകരിക്കാൻ പറ്റും ഇതാണ് ഞാനും ഇഷ്ടാദിത്യ പക്ഷത്തൊന്നും ഇതിനു ദർശനങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്തെങ്കിലും കേട്ടിട്ട് നമ്മളിങ്ങനെ പെമ്പിരി പിടിച്ച് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് എന്താണ് അപ്പയ്യാധീക്ഷിതർ കേട്ടിട്ടുള്ള തമിഴ്നാട്ടിൽ ജനിച്ചിരുന്ന വലിയൊരു പ്രതിഭാശാലി അദ്ദേഹം ഇരുന്നൂറ്റി അമ്പതോളം ഗ്രന്ഥങ്ങളെ ജനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമകാലികനായോ അതിനുശേഷം അതുകൊണ്ട് ബുദ്ധനുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അദ്ദേഹം ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ച ആളാണ് രാമാനുജനയും മാധ്വനെയും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വ്യാഖ്യാനിക്കുകയല്ല ആ സിദ്ധാന്തങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അദ്വൈതമാണ് ശരി ഇഷ്ട അദ്വൈതമാണ് ശരി മാധ്വനാണ് ശരി എല്ലാം സമർപ്പിച്ചു അവസാനം എന്ത് ചെയ്തു എല്ലാവർക്കും പണിമുടക്കത് എല്ലാ സംബന്ധവും വ്യാഖ്യാനിച്ച് മനസ്സിലായത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ആയുസ്ന്ന് പറയുന്നത് യുദ്ധമാരുടെ കയ്യിലേക്ക് അപ്പൊ ഇത് കേട്ട് നമ്മൾ ഞെട്ടിത്തരിക്കുകയും പൊട്ടിത്തെരിക്കുകയും ഞെട്ടിവിറക്കുക എന്നും വേണ്ട പലരെങ്കിലും ഇന്നും ഇത്രയും കാലം അദ്വൈതത്ത് കൊടുത്ത് പറഞ്ഞിട്ടു അദ്വൈതം ശരിയല്ലെന്ന് പറയുന്നു അതിലൊന്നും വലിയ കാര്യമില്ല ഇതിന്റെ കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഓരോരുത്തരും കൈയിരിക്കുകയാണ് അതാണ് ഉദയരായും പറഞ്ഞത് എന്നോട് ബോദ്ധേ സമായ മമാഅീനാ തപസ്തി ഇനിയും ബൗദ്ധന്മാർ വരും അപ്പൊ നിന്നെ രക്ഷിക്കേണ്ടത് ആരാണോ ഞാനാണ് അപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അവരുടെ സിദ്ധാന്തങ്ങളെ രക്ഷിച്ചെടുക്കാനും അപ്പൊ ഇവരുടെ രക്ഷയ്ക്കലൂടെ നനക്കുന്നതാണോ ഇതിനൊന്നും സ്വന്തമായി നന പ്രയാസമാണ് എന്തുകൊണ്ട് ഇവരെല്ലാം സ്വീകരിക്കുന്നത് കാല്പനിക പദാർത്ഥങ്ങളെ സ്വീകരിച്ചിട്ടാണ് സിദ്ധാന്തങ്ങൾ വലുതാവുന്നത് പല സ്ഥലത്തും മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല ഈ പ്രക്രിയകളിൽ പല സ്ഥലത്തൊന്നാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമില്ല ഒബ്ജക്ടീവ് റിയാലിറ്റി എന്ന് പറയുന്നത് പലർക്കും നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഒരാൾക്ക് തന്നെ ഇതിനെ സമർത്ഥിക്കാനും ഇതിനെ നിഷേധിക്കാനും കഴിയും ഇനി എന്തെങ്കിലും സംശയമുണ്ട് അന്ത പരാതിപ്പെട്ടിട്ടുണ്ട് ഇത് ഇതിന്റെ ഒരു സ്വഭാവമാണ് ശരിഞ്ഞ അതെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധമില്ല എന്നൊന്നും നിലാപത്തിറങ്ങിയ കുരക്കന്മാരെ പോലെ ഇങ്ങനെ പറഞ്ഞു